അങ്ങനെ അവൻ വഞ്ചനയിലൂടെ അവരെ തെറ്റിച്ചു അവർ ആ വൃക്ഷം രുചിച്ചപ്പോൾ അവരുടെ രഹസ്യഭാവങ്ങൾ അവർക്ക് വെളിപ്പെട്ടു അവർ സ്വർഗ്ഗത്തിലെ ഇലകൾ കൊണ്ട് തങ്ങളുടെ ശരീരങ്ങൾ മറയ്ക്കാൻ തുടങ്ങി അവരുടെ രക്ഷിതാവ് അവരെ വിളിച്ചു ആ വൃക്ഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ വിലക്കിയില്ലേ പിശാജ് നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ